അള്ളാഹു സുബാനഹുവ തയാലായുടെ വാഗ്ദാനം സത്യമാണ് അന്ത്യനാൾ സംശയമില്ലാതെ വരിക തന്നെ ചെയ്യും എന്ന് പറയപ്പെട്ടാൽ അന്ത്യനാൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വെറും ഊഹങ്ങൾ മാത്രമേ നടത്തുന്നുള്ളൂ ഞങ്ങൾക്കുറപ്പൊന്നുമില്ല എന്ന് നിങ്ങൾ പറയും